അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാക്കൾ പിന്തുടർന്നു വന്ന കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വെതിരിപ്പിക്കാനാണോ നിങ്ങൾ വന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് പ്രതാപം ലഭിക്കാനാണോ ഞങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിക്കുന്നില്ല